സർമ്മ പരിത്യാഗാഷ തൗ ഉേയസരൗ ോക്ഷം കുർവാതേ ജ്ഞാനോത്പത്തി ഹേതുത്വേന് ഇവിടെ സർവസംഘ പരിത്യാഗരൂപമായ സന്യാസവും കർമ്മയോഗ നിശ്രേയസകരും ഉപവും രണ്ടും നിശ്രേയസം എന്ന് വെച്ചാൽ മോക്ഷം എന്നർത്ഥം ധർമ്മം എന്നൊരു പദമുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കട്ടെ ധർമ്മത്തിന് ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ ഏത് നമ്മൾക്ക് ലോക ഡിസ്റ്റർബ് ചെയ്യാതെ ലോകത്തിൽ ശാന്തിയോടുകൂടെ പരസ്പര പ്രിയത്തോടുകൂടെ സമബുദ്ധിയോടുകൂടെ ഇരിക്കാൻ അനുവദിച്ചുകൊണ്ട് നമ്മൾക്ക് പാരമാർത്ഥികമായ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കുമോ അതിന് പേരാണ് ധർമ്മം സാക്ഷാത് അഭ്യുദയ നിശ്രേയസഹേതുഹു സധർമ്മ അഭ്യുദയം എന്ന് വെച്ചാൽ ലോകത്തില് ഉള്ള ജീവിതം ആ പ്രാരബ്ദം തീർക്കുകയും നിശ്രേയസത്തിനു വഴി കാണിച്ചു തരിക എന്നുവെച്ചാൽ ജീവന് പൂർണമായ മുക്തി സാമ്രാജ്യത്തിനെ കൊടുക്കുകയും ആത്മസാക്ഷാത്കാരത്തിന് കാണിച്ചു തരികയും ചെയ്യുന്നതിന് പേരാണ് ധർമ്മം അപ്പോ ഇവിടെ അർജുനൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിശ്രേയസത്തിനുള്ള വഴി പറഞ്ഞു തരൂ എന്നാണ് പറയണത് എന്ന് എനിക്ക് മതി ഞാൻ ലോകം ധാരാളം കണ്ടു ആളുകളുടെ ആഗ്രഹവും ആസക്തിയും അതുകൊണ്ടാണല്ലോ ഇവിടെയൊക്കെ വാളും കുന്തവും ഒക്കെ പിടിച്ച് എല്ലാരും നിക്കുന്നത് അല്ലേ യുദ്ധം പരസ്പരം വെട്ടാനും കുത്താനും ആളുകൾ കൂടി നിക്കുന്നത് ഇവർക്ക് ജീവിതത്തിന്റെ പാരമാർത്ഥിക ലക്ഷ്യം എന്തെന്ന് ഭൗതിക പദാർത്ഥങ്ങളും നാടും വീടും ഒക്കെയാണ് മുഖ്യമെന്ന് കരുതിയിട്ടാണല്ലോ ദുര്യോധനം പറഞ്ഞത് ഞാൻ തരില്ല എന്ന് പറഞ്ഞതും പാണ്ഡവർ അവിടെ യുദ്ധത്തിന് പോയതും ഒക്കെ ആ കൊണ്ടാണല്ലോ എല്ലാത്തിന് പുറകിലും എന്താ ഉള്ളത് കുറച്ചൊരു സാങ്കല്പികമായ ഭൂമി അല്ലേ ഈ ഭൂമി എന്റെയാണെന്നാണ് ഈ ഭൂമി എന്റെയാവുമോ എപ്പോഴെങ്കിലും ഞാൻ ചത്ത് മണ്ണടഞ്ഞു പോകൂ അതിനകത്ത് ഇത് എന്റെ ആണെന്ന് പറയുന്നത് വലിയ വിവരക്കേടാണ് മനുഷ്യൻ ഇതിനു വേണ്ടിയിട്ടാണ് പരസ്പരം തല്ലുകൂടണത് അല്ലേ ഈ ഭാഗം ഒരു നദി കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒഴുകുന്ന നദിയുടെ വെള്ളത്തിന്റെ പേരിൽ എത്ര ഒരു ബോർഡറിന്റെ പേരിൽ വേലി ഇത്രയും നീക്കി കെട്ടി അങ്ങട് നീക്കി കെട്ടി എന്ന് പറഞ്ഞാൽ എത്ര ബഹളം കൂട്ടണു ആളുകൾ ഒരു ഇഞ്ച് ഭൂമി മില്ലിമീറ്ററിനൊക്കെയാണ് ഇപ്പൊ വില വരണതിന് പതുക്കെ കൊച്ചിയിലൊക്കെ എറണാകുളത്തിലും കൊച്ചിയിലും ീറ്ററിനൊക്കെ വില വരും സ്ക്വയർ സെന്റിമീറ്റർ അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തു മടയത്തരവാ ചെയ്യണത് ഇതൊക്കെ പാശ്ചാത്യരുടെയാണ് കുറെ കാലം മുമ്പ് ഇവിടെ ഭൂമിയെ വിൽക്കലൊന്നുമില്ല എവിടെങ്കിലുമൊക്കെ പോയി ഇരിക്കും കുറെ കഴിയുമ്പോ അത് ചിലപ്പോ സർക്കാർ പതിച്ചു കൊടുക്കും പതിച്ചു കൊടുത്തിട്ടില്ലെങ്കി എവിടെങ്കിലും ഒക്കെ പോകും ഭൂമിയിൽ അത്ര തന്നെ അമേരിക്കയിൽ ആദ്യമായിട്ട് ഈ യൂറോപ്യൻസ് പോയപ്പോൾ അവിടുത്തെ റെഡ് ഇന്ത്യൻസ് ഒക്കെ പാവം അവരൊന്നും ഭൂമി അവരുടേതാണെന്നൊന്നും കരുതിയില്ല എവിടെയെങ്കിലുമൊക്കെ കൂടുതൽ കെട്ടി താമസിക്കുകയാണ് അവരിടത്തൊക്കെ പോയി കടലാസുകളുടെ പ്രാമുഖ്യവും എഴുത്തുകൊടുത്തുകളുടെ പ്രാമുഖ്യമൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് ഈ എഴുത്തുകൂത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ഒപ്പിടാനൊക്കെ പഠിപ്പിച്ചോ അവരെ എന്നിട്ട് ഒരു കടലാസിലെന്തൊക്കെയോ എഴുതിയിട്ട് അവരടുത്തൊക്കെ പറഞ്ഞു നിങ്ങൾ ഇതിൽ ഒപ്പിടൂ എന്ന് പറഞ്ഞു അവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഭൂമിയൊക്കെ ഞങ്ങളുടെയായി നിങ്ങൾ ഇവിടുന്ന് പോകണം എന്ന് മനസ്സിലായില്ല ആ അവർക്ക് ആരൊന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലായില്ല അവര് വിചാരിച്ചത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നു ഭൂമിക്ക് നമ്മൾ സ്വന്തം ഭൂമി എങ്ങനെ നമുക്ക് സ്വന്തമാവും ഇതാണ് അവരുടെ ആശയം നമ്മള് ഭൂമി നമ്മളുടെ സ്വന്തമാക്കാനായിട്ടാണ് ആളുകൾ ഓടി നടക്കുന്നത് അവസാനം ചത്തുപോകുന്നു പാപം ശിവശിവ എല്ലാം പോകും അപ്പൊ അതാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ വാളും കൊന്തും പിടിച്ചെല്ലാരും നിക്കുന്നത് ഈ യുദ്ധത്തിനെയാണ് നമ്മൾ കോരിത്തെ ത്രസിപ്പിക്കുന്ന യുദ്ധവും ഒക്കെ ആയിട്ട് നമ്മൾ മഹാഭാരതത്തിൽ വ്യാസം ചിത്രീകരിച്ചിരിക്കണതും ഭഗവാൻ അതാണ് ഗീതയില് മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നിങ്ങളൊക്കെ ധർമ്മം ക്ഷയിച്ചുപോയത് കൊണ്ടാണ് ഇവിടെ വന്ന് വ്യക്തമായി കൃഷ്ണൻ പറഞ്ഞു നാലാമത്തെ അധ്യായത്തിൽ ഞാൻ പണ്ട് സൂര്യൻ ഉപദേശിച്ചു സൂര്യൻ മനുവിനുപദേശിച്ചു മനു ഇക്ഷകുവിന് ഉപദേശിച്ചു പരമ്പരയാവുന്ന യോഗം നഷ്ടമായി നഷ്ടമായതുകൊണ്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് ബ്രാഹ്മണത്വം നഷ്ടപ്പെട്ടുപോയി എന്ന് ശ്രീശങ്കരൻ ആദ്യം തന്നെ പറഞ്ഞു ബ്രാഹ്മണത്വസി രക്ഷണെ രക്ഷിത്തോ വൈദികോ ധർമ്മ ബ്രാഹ്മണത്വം ഉണ്ടെങ്കിലേ വൈദികധർമ്മം രക്ഷിക്കപ്പെടുകയുള്ളു അപ്പോഴേ ക്ഷത്രിയം നന്നായിട്ടിരിക്കുകയുള്ളു അപ്പോഴേ ഇവർ തമ്മിൽ യുദ്ധം ചെയ്യലും പിടിച്ചടക്കലുമല്ല അവരവരുടെ ധർമ്മം അനുഷ്ഠിക്കലും ശാന്തമായിട്ട് ധർമ്മം ചെയ്തുകൊണ്ട് ജീവിക്കലുമാണ് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് നിഷ്കാമ്യമായിട്ട് ആളുകൾ ജീവിക്കും അതിനു ആ ധർമ്മം അറിയാത്തത് ക്ഷത്രിയന്മാരുടെ ധർമ്മം യുദ്ധം ചെയ്യലാണ് എന്നൊരു മഠയത്തരം വെച്ചുകൊണ്ടാണ് നിങ്ങൾ കമ്പും വില്ലുമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോ ഇവിടെ അർജുനൻ പറയണത് എനിക്ക് നിശ്രേയസത്തിനുള്ള വഴി കാണിച്ചു തരൂ നിശ്ചയമായിട്ടും യുദ്ധം ചെയ്യണത് നിശ്രേയസത്തിനുള്ള വഴിയല്ല പക്ഷെ യുദ്ധം ആസന്നമായി കഴിഞ്ഞു യുദ്ധഭൂമിയിൽ വന്നു കഴിഞ്ഞു ഉപേക്ഷിക്കണമെന്നൊരു വശത്തുണ്ട് ഉപേക്ഷിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ശരിയാവല്ല ഇയാളുടെ ഉള്ളിൽ യുദ്ധവാസനയുണ്ട് ഇയാൾ ഉള്ളിൽ യുദ്ധം ചെയ്യും ഈ ഇവിടുന്ന് ഇറക്കി പിന്നെ യുദ്ധം ചെയ്യും ഇയാളുടെ ഓരോ സെൽസിലും യുദ്ധം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് പ്രകൃതി സ്വാം നിയോക്ഷതി എന്ന് ഭഗവാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാലും യു ആർ വെരി നേച്ചർ വിൽ ഫോർസ് യു ടു ഡു ഇറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അറിവൊന്നും ഇതൊന്നും സംരക്ഷണമല്ല ഉള്ളിലുള്ളത് യജിച്ചു നീക്കുക തന്നെ വേണം അത് തന്റെയും മാത്രമല്ല ഈ പ്രകൃതിയുടെ മുഴുവൻ സ്വത്താണ് തന്റെ ഉള്ളിൽ യുദ്ധരൂപത്തിൽ വന്നിരിക്കണത് അപ്പൊ അതുകൊണ്ട് കർമ്മം കർമ്മം എന്ന് പറയുന്നത് എന്താ ഈ അമ്പില് അർജുനൻ അമ്പ് വിടുന്നുണ്ടല്ലോ അതല്ല കർമ്മം ഭഗവാൻ കർമ്മം എന്നുള്ളത് കൊണ്ട് ദ്രോണാചാര്യരെ യുദ്ധം പഠിപ്പിക്കുമ്പോ പാചകക്കാരൻ ഒരാൾ ഉണ്ടായിരുന്നു അത്രേ ഭക്ഷണമൊക്കെ ചെയ്തു കൊടുക്കും അയാളുടെ അടുത്ത് ദ്രോണാചാര്യർ പറഞ്ഞിരുന്നു ഒരു കാരണവശാലും അർജുനന് ഇരുട്ടില് ഭക്ഷണം കൊടുക്കരുത് അവൻ ഭക്ഷണം കഴിക്കുമ്പോൾ വിളക്ക് കെട്ടുപോവാതെ നോക്കിക്കൊള്ളണം എന്ന് പാചകക്കാരനോട് പറഞ്ഞിരുന്നു അത്രേ ദ്രോണാചാര്യർ അദ്ദേഹം അതിനു മേലെയുള്ള ആടും പക്ഷെ ഒരു ദിവസം അർജുനൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വിളക്ക് കെട്ടുപോവുകയും അർജുനന് എന്തോ മനസ്സിലായി ഉള്ളില് എന്താ കഴിക്കും വായിക്കും വിളക്കൊന്നും വേണ്ടാലോ റൂട്ട് അറിയണുണ്ടല്ലോ അല്ലേ അത് കണ്ടുപിടിച്ചു അതിൽ നിന്നും വേറെ ഒരു കാര്യം തെളിഞ്ഞു അർജുനന് അപ്പോ വസ്തുക്കളെ കാണാതെ തന്നെ അമ്പയ്യാമെന്ന് കണ്ടു അപ്പൊ ഒരു ദിവസം രാത്രി എവിടെയോ ഈ ഞാണു ശബ്ദം കേട്ട് ദ്രോണൻ ചോദിച്ചു അർജുനൻ എവിടെയാ അർജുനൻ എന്താ ഇരുട്ടത്തെ എവിടെയോ എന്തോ അമ്പ ചെയ്തോണ്ടിരിക്കണം അപ്പൊ ദ്രോണൻ ചെന്ന് ചോദിച്ചു അർജുനനോട് തനിക്കിതാർ പറഞ്ഞു തന്നു അർജുനൻ പറഞ്ഞു ഇതുപോലെ ഇന്നലെ ഊണ് കഴിക്കുമ്പോൾ വിളക്ക് കെട്ടുപോയി അപ്പൊ തോന്നിയതാണിത് ഇത് ഭീമനൊന്നും തോന്നിയില്ലല്ലോ അത് വഴുങ്ങിട്ട് പോയി ധർമ്മപുത്രക്ക് തോന്നിയില്ലല്ലോ അദ്ദേഹം വല്ല ധർമ്മശാസ്ത്രം ചിന്തിച്ചിരുന്നിട്ടുണ്ടാവും അന്ധകാരത്തിൽ ഊണ് കഴിക്കരുതെന്ന് എവിടെയോ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഉണ്ടാതിരുന്നു നകുലനോ സഹദേവൻ അദ്ദേഹം ജ്യോതിഷയായിട്ടുള്ള ആള് അദ്ദേഹം അമ്മാവാസയാണോ അതൊക്കെ നോക്കിയിട്ടിരുന്നുണ്ടാവും അവരവരുടെ വാസന ഈ ഉള്ളിലുള്ള സംസ്കാരം ഉണ്ടല്ലോ പോയപ്പോഴും ആ യുദ്ധം ചെയ്യാനുള്ളത് കണ്ടുപിടിച്ചത് അതാണ് അയാളുടെ ഉള്ളിലുള്ള കർമ്മം അതായത് അയാളുടെ ശരീരത്തിൽ മുഴുവൻ ആ ധനുർവിദ്യക്കു വേണ്ടിയുള്ള കഴിവിനെ നിറച്ചു വെച്ചിട്ടാണ് അർജുനൻ എന്ന് പറഞ്ഞ് ആ ശരീരം തന്നെ കൊടുത്തിരിക്കുന്നത് കൊഴക്കട്ടെ ആദ്യം പൂർണ്ണ ഉരുട്ടിയിട്ട് പുറമേക്ക് മാവ് വയ്ക്കണ പോലെ ആദ്യ അർജുനൻ എന്ന് പറയുന്ന സംസ്കാരം ശേഷമാണ് അർജുനന്റെ ശരീരത്തിനെ പുറത്തുണ്ടാക്കിയിരിക്കുന്നത് പ്രകൃതി അതുകൊണ്ടാണ് ഭഗവാൻ പറയണത് നിനക്ക് അതൊന്നും ചാടാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഇപ്പൊ നീ പറയണത് അവിദ്യയാണ് മോഹമാണ് അതായത് നിന്റെ സ്വഭാവത്തിനെ അറിയാതെയാണ് നീ പറയണത് ഞാൻ ചെയ്യില്ല എന്ന് നീ ഇപ്പൊ ചെയ്യേണ്ടത് യുദ്ധം നിന്റെ ഉള്ളിലുള്ള ഈ യുദ്ധവാസന നിന്റെ നിശ്രേയസത്തിന് എന്തായാലും തടസ്സമാണ് അത് ഏത് തടസ്സമാണ് അപ്പൊ ഈ ശാസ്ത്രമൊക്കെ പഠിക്കണ്ടല്ലോ അതും തടസ്സമാണ് സംഗീതമായാലും തടസ്സമാണ് പാചകകലയായാലും തടസ്സമാണ് അത് ഒരു കഴിവായിട്ട് ഒരു ഫാക്കൾട്ടി ഒരു പവറായിട്ട് നമ്മൾക്ക് ലോകത്തിലേക്ക് പുറമേക്ക് പോവാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ അത് തടസ്സമാണ് അത് ഈശ്വരാർപ്പിതമായി തീർന്ന് ഭഗവാന് തന്നെ അർപ്പിച്ചു കഴിയുമ്പോൾ അത് തടസ്സമല്ലാതായിട്ട് തീരും എന്തും അപ്പോ ക്ഷത്രിയന്മാരുടെ ക്ഷത്രിയവീര്യം ഭഗവാൻ അർപ്പിതമായാൽ അവർക്ക് വിമുക്തിക്ക് മാർഗമായിട്ട് തീരും ആ ഭഗവത് അർപ്പിതം ഭഗവത് അർപ്പിതമെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്നു അന്തര്യാമിയായി ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്ന ആ വസ്തുവാണ് നമ്മളെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ കർത്താവുമല്ല ഭോക്താവുമല്ല ഇതുകൊണ്ട് ലോകത്തിന് മംഗളമുണ്ടാവട്ടെ ലോകസംഗ്രഹം ഉണ്ടാവട്ടെ എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യില്ല നമ്മൾ തന്നെ അങ്ങനെ ഒന്ന് അംഗീകരിച്ചിട്ടുണ്ടല്ലോ അല്ലെ ഒരാളെ ഒരാളെ വെടിവെച്ച് കൊന്നാൽ അയാളെ പിടിച്ച് ജയിലിടും അതേ ആള് പട്ടാളത്തിലിരുന്ന് ഒരു നൂറുപേരെ വെടിവെച്ചാൽ അയാൾക്ക് അവാർഡ് കൊടുക്കും ഇതിന് നിയമത്തിന് രണ്ട് നിയമത്തിനും എന്താ കാരണം ഒന്ന് ഒരാൾ അയാളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു മറ്റേയാള് നിസ്വാർത്ഥമായിട്ട് സമൂഹത്തിന് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ ചെയ്തപ്പോ നമ്മൾ നിയമമൊക്കെ മാറിയ അവിടെ ചുരുക്കത്തിൽ സ്വാർത്ഥതയാണ് നമ്മൾ പാപമെന്ന് വിളിക്കണത് സ്വാർത്ഥതയാണ് ശിക്ഷിക്കപ്പെടേണ്ടതായിട്ട് നിയമത്തിന് പോലും ഏകദേശം അംഗീകരിച്ചു വെച്ചിരിക്കണത് അപ്പൊ ആ സ്വാർത്ഥതയെടുത്തു കളഞ്ഞിട്ട് പട്ടാളത്തിൽ നൂറുപേരെ വെടിവെച്ച് കൊന്നവൻ തനിക്ക് വേണ്ടിയല്ലല്ലോ ചെയ്യണത് അല്ലേ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യണത് അയാൾ പട്ടാളം വിട്ട് വന്നാൽ തോക്കും കൊണ്ടും നടന്ന് വെടിവെക്കുവോ ഭാഗവതം വായിച്ചു നടക്കുന്നു പട്ടാളത്തിൽ നൂറുപേരെ വെടിവെച്ച ആളാണ് അത് കഴിഞ്ഞ് റിട്ടയർ ആയിട്ട് വന്നപ്പോ ഇവിടെ ഭാഗവത സപ്താഹവും ഭാഗവതം വൈക്കൽ ഒരു കൊതുകുവിനെ പോലെ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞോണ്ടാണ് നടക്കുന്നത് എന്ത് അയാള് യുദ്ധത്തിൽ വെടിവെച്ചതും കൊന്നതും ഒന്നും അയാളെ ബാധിച്ചിട്ടേ ഇല്ല എന്താ അയാള് വെറും മെഷീന് പോലെയാണ് ചെയ്തത് അവിടെ ചെയ്യാൻ പറഞ്ഞ് ചെയ്തു തനിക്കൊന്നും അതിൽ സ്വാർത്ഥം നേടാനില്ല തനിക്ക് പോലും ആപത്ത് വരാവുന്ന ഒരു ഘട്ടത്തിലാണ് ചെയ്തത് താനും മരിച്ചു പോയാക്കാം ആ ഘട്ടത്തിലൊക്കെയാണ് എന്തോ ചെയ്തു അപ്പോ കർമ്മം നമ്മള് വെറും ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് ചെയ്യണതെങ്കിൽ ഒരു കർമ്മം നമ്മളെ ബന്ധിക്കില്ല അതിന് പുറകിൽ മോട്ടീവ് ഉണ്ടെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ബന്ധിക്കും ആ കർമ്മം അയാളിൽ വയലൻസിന് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അയാൾ അവിടുന്ന് വിട്ടുവരുമ്പോ അയാള് പിന്നെയും വയലന്റ് ആയിട്ടിരിക്കും അപ്പൊ അർജുനനോട് ഭഗവാൻ ഇവിടെ പറയുന്നത് തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യത്തെ കർമ്മത്തിനെ ചെയ്യുന്നതും യോഗമായിട്ട് ചെയ്യുന്നതും നല്ലതാണ് കർമ്മത്തിനെ അപ്പാടെ ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ പോയി കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കുറച്ച് തപസ്സ് ചെയ്ത് വിഷമിച്ച് വേറൊരു വിധത്തിൽ വിഹിത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് തപസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വേദാന്ത നേടാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ് പക്ഷേ രണ്ടിലും വെച്ച് ബെറ്റർ ആ പ്രകൃതിയുടെ തീരുമാനത്തിനെ അന്യഥ ചെയ്യാതെ നിങ്ങളെ പ്രകൃതി എവിടെ വെച്ചിരിക്കണോ നിങ്ങൾക്ക് എന്ത് വേഷം തന്നിരിക്കണോ എന്ത് ജോലി തന്നിരിക്കണോ എന്ത് സ്വഭാവം തന്നിരിക്കണോ അതിനനുസരിച്ചുള്ള അനുകൂലമായ സാഹചര്യത്തിൽ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പതുക്കെ പതുക്കെ ആ സാഹചര്യത്തിനെ അതിജീവിച്ച് ആ സ്വഭാവത്തിനെ ഇല്ലാതാക്കി തീർത്ത് ഞാൻ മനുഷ്യനല്ല ദേവനല്ല യക്ഷനല്ല ഗന്ധർവനല്ല കേവല നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യമാണ് എനിക്ക് കർമ്മങ്ങളില്ല കർത്തവ്യങ്ങളില്ല ബന്ധമില്ല എന്നു പറയുന്ന മുക്തിപഥത്തിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാമെങ്കിൽ നിങ്ങൾ സമർത്ഥരാണ് യോഗത്തിൻ്റെ കുശലത അറിഞ്ഞവരാണ് കൗശലമറിഞ്ഞവരാണ് അതാണ് ഉള്ളതിൽ ബെറ്റർ എന്നാണ് ഭഗവാൻ പറയണത് തയോസ്തു കർമ്മസന്യാസ ഇത് ഇവിടെ കർമ്മസന്യാസം എന്ന് പറയുന്നത് ആത്യന്തികമായ വിദ്വത് സന്യാസം ജ്ഞാനസന്യാസത്തിനെ ഒരു സാധകൻ എന്ന നിലയിൽ സന്യാസമെടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ആളെ രാമകൃഷ്ണ മിഷീനിൽ രാമകൃഷ്ണ ആശ്രമത്തിലൊക്കെ സന്യാസം കൊടുക്കുക എന്നൊരു സമ്പ്രദായം വിവേകാനന്ദ സ്വാമികൾ തുടങ്ങി വിട്ടു അപ്പോ അദ്ദേഹത്തിനും ഈ വിഷമം ആളുകൾക്ക് സന്യാസി ഒന്നും ആവാൻ പറ്റില്ല അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് സ്വാമി തന്നെ പറഞ്ഞത് എന്താ നിങ്ങൾ ഇവിടെ സന്യാസത്തിന് വരുന്നത് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാതെ ലോകത്തിന് വേണ്ടി പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് തയ്യാറായിട്ട് വരൂ എന്നാണ് ഇനിയിപ്പോ സ്വാർത്ഥത നിങ്ങൾക്ക് നല്ലത് ചെയ്യില്ല ദോഷം ചെയ്യുമെന്ന് നിങ്ങൾ അറിയുന്നു അതുകൊണ്ട് നിസ്വാർത്ഥമായി ലോകമംഗളത്തിനായി പണിയെടുക്കാൻ അനേകം ജീവജാലങ്ങൾക്ക് അക്കരയ്ക്ക് കടക്കാൻ ഒരു പാലം പണിയാൻ സേതു ബന്ധനം ചെയ്ത കുരങ്ങുകളെ പോലെ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാവും അതിനു വേണ്ടി ഈ വേഷം വേണമെങ്കിൽ കെട്ടിക്കൊള്ളു അപ്പൊ ആ സന്യാസവും ഒരു കർമ്മയോഗമാണ് അത് വാസ്തവത്തിൽ സന്യാസമല്ല കർമ്മയോഗമാണ് അതിൽ ചിലവരൊക്കെ തന്നെ പലരും ആ സമ്പ്രദായത്തിൽ ധാരാളം ആത്മാക്കൾ വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തില് നമ്മളുടെ ഈ ഒരു ന്യൂ റിലീജിയസ് മൂവ്മെന്റ് തുടങ്ങിയത് രാമകൃഷ്ണ ആശ്രമം മിഷൻ മുതൽ കാടും പിന്നെയാണ് ബാക്കിയൊക്കെ ബാക്കി പുറകെ വന്നതൊക്കെ തന്നെ എപ്പോഴും അങ്ങനെയാണ് ആദ്യം ഉണ്ടായതിന്റെ ഒരു പെർഫെക്ഷൻ പിന്നെയുള്ളതിൽ ഉണ്ടാവില്ല പിന്നെ വന്നതിലൊന്നും അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അതിൽ ധാരാളം പേര് വന്നു എല്ലാം പക്ഷെ കാലം കൊണ്ട് അസ്തമിച്ചു പോവുകയും ചെയ്യും അതിലൊക്കെ അസ്തമ അതിന്റെ ഇടയിൽ തന്നെ രാമകൃഷ്ണ പരമഹംസരയും രാമകൃഷ്ണ പരമഹംസരയുടെ ചില പരമഹംസന്മാരായ ശിഷ്യന്മാരെയും ഒക്കെ കണ്ടിട്ട് അത്രയും പക്വമായ ആളുകളൊക്കെ അവിടെ വരികയും അങ്ങനെ പരമഹംസന്മാരായിട്ടും ചിലർ ഇരിക്കുകയും ചെയ്തു അതിൽ അപൂർവം ചിലർ പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല അപ്പൊ അങ്ങനെ സാധിക്കുന്നവർ പോകട്ടെ പന്ത്രണ്ടാമദ്ധ്യായത്തിൽ ഭഗവാൻ പറയണ്ട് അങ്ങനെയുള്ളവർ വളരെ വിരളമാണെങ്കിലും മഹാത്മാക്കളാണ് അവർ പോകട്ടെ പക്ഷെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിന് തയ്യാറല്ലാത്തത് കൊണ്ട് കർമ്മയോഗോ വിശിഷ്യത കർമ്മയോഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് കർമ്മയോഗം തന്നെയാണ് നമ്മൾ ഭാഗവതധർമ്മം എന്നും പറയണത് അതായത് നമ്മൾ എവിടെയിരിക്കണോ അവിടെ ഇരുന്നുകൊണ്ട് ഭാഗവതധർമ്മം എന്നതിന് പേര് വരാൻ കാരണം ആളുകൾ ധരിച്ചിരിക്കുന്നത് ഭാഗവതം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞത് കൊണ്ടാണെന്നാണ് അങ്ങനെയല്ല ഭാഗവത ഭരണത്തിന് മുമ്പ് ഗീത വന്നുകഴിഞ്ഞുവല്ലോ ഭഗവത്ഗീതയ്ക്ക് ശേഷം അല്ലേ ഭാഗവതം വന്നിരിക്കണത് ഗീതാഭാഷ്യത്തിൽ ഭഗവാൻ ആചാര്യസ്വാമികൾ പലയിടത്തും ഭാഗവതം മതം ഭാഗവതം ധർമ്മം എന്നൊക്കെ വാക്കുപ്രയോഗിക്കുന്നുണ്ട് അതൊക്കെ അതായത് ഭഗവാന്റെ മതം കൃഷ്ണന്റെ അഭിപ്രായം ആ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ് ഭാഗവതന്മാരെന്ന് പറയണത് അല്ലാതെ പാട്ടുപാടുന്നവരെ ഭാഗവതരെന്ന് വിളിച്ച് വിളിച്ച് വിളിച്ച് നമ്മൾ പാട്ടുപാടുന്നവരാണ് ഭാഗവതരെന്നൊരു ധാരണയുണ്ട് ഭഗവാന്റെ മതത്തിനെ അനുസരിച്ച് ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഭാഗവതന്മാരെന്ന് പേര് അവർക്ക് എന്താ അവരെന്താ ചെയ്യണത് അവർ സന്യാസികളും ആയിരിക്കാം ഗൃഹസ്ഥന്മാരും ആയിരിക്കാം ഐഷ്ടിക ബ്രഹ്മചാരികളുമായിരിക്കാം ഭഗവാൻ അവരെ എവിടെ വെച്ചുവോ അവരവിടെയിരുന്നു കൊണ്ട് തന്നെ ഭഗവത് ഭജനം ചെയ്ത് ശാന്തി നേടി സർവസമർപ്പണം ചെയ്ത് പൂർണരാവാൻ യത്നിച്ചുകൊണ്ടേയിരിക്കും അതിനാണ് ഭാഗവത എന്ന പേര് അതില് ഇതാണ് അതിന് പ്രമാണം तयोस्त തയോസ്ർമ്മസന്യാസാ കർമ്മയോഗോ വിശിഷ്യത്തി അപ്പോ കർമ്മി സന്യാസിയാണ് എന്ന് ഭഗവാൻ പിന്നെ തിരിച്ചു പറയുന്നു അടുത്ത ശ്ലോകം യോ നദ്ദേക്ഷോ ഹി മഹാബാഹോഖം ബന്ധാ പ്രമുച്യത്തെ നിത്യസന്യാസിത്യസന്യാസിന്ന് വെച്ചാൽ എപ്പോഴും സന്യാസിയാണ് അയാൾ അപ്പൊ എപ്പോഴും സന്യാസി അല്ലാതെ ഒരാളുണ്ടോ ഇത്തിരി നേരം സന്യാസി ഇത്തിരി നേരം അസന്യാസിന്നുണ്ടോ എന്നുവെച്ചാൽ ഭഗവാന്റെ അഭിപ്രായത്തിൽ ഉണ്ടെന്നാണ് എപ്പോഴപ്പൊ നിങ്ങൾ നിസ്വാർത്ഥരാകുന്നു അപ്പോഴൊക്കെ അസന്യാസിയാവും എപ്പോ നിസ്വാർത്ഥരാകുന്നു അപ്പോഴൊക്കെ നിങ്ങൾ സന്യാസികളാവും അപ്പൊ തികച്ചും നിസ്വാർത്ഥരായാൽ നിത്യസന്യാസിയാവും സ്വാർത്ഥത ഒന്നു മാത്രമാണ് യോഗികളുടെ ദൃഷ്ടിയിൽ ഇംപ്യൂരിറ്റി കളങ്കം ഉള്ളത് ബാക്കിയൊന്നും കളങ്കമല്ല സ്വാർത്ഥതയാണ് കളങ്കം ആ സ്വാർത്ഥതയെ യജിക്കലാണ് യോഗം ഭഗവാൻ അപ്പൊ പറയണത് നിത്യസന്യാസി അയാളെ നിത്യസന്യാസി എന്ന് അറിയൂ ആര് യോ നദ്വേഷി നക്ഷതി ഒന്നിനെയും വെറുക്കുന്നില്ല ഒന്നും തനിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ ഈഗോ അഹങ്കാരത്തിന്റെ വാർപ്പൻ വൂർഫ് എന്താ പറയാ അതിന്റെ ഓരോ നൂല് ഇപ്പൊ മുണ്ടിലെ നൂല് പോലെ നമ്മളുടെ അഹങ്കാരത്തിലെ ഓരോ ഇഞ്ചിലും അഹങ്കാരം എന്ന് വെച്ചാൽ നമ്മളുടെ പെർസനാലിറ്റി പേഴ്സണാലിറ്റിയിൽ ഓരോ കോശവും എന്താണെന്ന് വെച്ചാൽ സുഖം എനിക്ക് വരണം ദുഃഖം എനിക്ക് വരാൻ പാടില്ല എന്നാണ് സുഖം വരുമ്പോ ഉള്ളില് നമ്മൾ തുള്ളും അതിന് ഹർഷം എന്ന പേര് ദുഃഖം വരുമ്പോ ഡിപ്രസ്ഡ് ആവും അതിന് ശോകം എന്ന് പേര് ഭഗവാൻ പറയണത് ഇതിനെ അങ്ങോട്ട് തിരിച്ചിടാം തിരിച്ചിടൽ എന്താന്ന് വെച്ചാൽ സുഖം ദുഃഖം എത്ര വേണമെങ്കി വരട്ടെ എന്നാല് ദുഃഖത്തിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നുവോ എന്തിനെ നമ്മൾ സ്വീകരിച്ചാലും അത് നമുക്ക് അനുകൂലമായിട്ട് തീരും ദുഃഖത്തിനെ ഒരാൾ സ്വീകരിക്കാൻ തയ്യാറായാൽ അയാൾക്ക് പിന്നെ എന്തിനാ ഭയപ്പെടാനുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഭയം പോയി നമുക്ക് ആകെ പാടുള്ള ഭയം എന്താ നാളെ എന്തെങ്കിലും നമ്മൾക്ക് അഹിതം വരുമോ ദുഃഖം വരുമോ എന്നാണല്ലോ പേടി ഞാൻ എന്തു ദുഃഖം വേണമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഒരാൾ തയ്യാറായി കഴിയുമ്പോൾ അയാളെ എന്ത് ചെയ്യാൻ പറ്റും പ്രകൃതിക്ക് തന്നെ അയാളെന്ത് ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിൽ നീ ചെയ്തോളൂ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എന്തു ചെയ്യാൻ പറ്റും ഒരു ഒരു മദ്രാസിലാണ് തോന്നുന്നു ആരോ അമ്മ ഒരമ്മ ഒന്ന് പറഞ്ഞു എനിക്ക് ക്ലിയർ ആയിട്ട് ചിലപ്പോ ആരാ പറഞ്ഞൊന്നും ഓർമ്മയുണ്ടാവില്ല ശാരീരികമായി വല്ലാത്ത വിഷമം എന്തോ അനുഭവിച്ചുകൊണ്ട് കിടപ്പാണ് അപ്പൊ അവർ പറഞ്ഞു എന്താ ചെയ്യാം വിഷമം സഹിക്കുവയ്യാം അപ്പൊ ആദ്യം പറഞ്ഞു നം എന്നെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും ഭഗവാനെ ശരണാഗതി ചെയ്ത് ആ ദുഃഖത്തിനെ സ്വീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം വളരെ ബുദ്ധിമുട്ടാണ് ശരീരത്തിന് വിഷമം വരുമ്പോ വേദന വരുമ്പോ ഇപ്പൊ എനിക്ക് പറയാം എനിക്ക് വന്നാലേ എനിക്ക് അറിയുള്ളൂ ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയണതൊക്കെ കാര്യവും എളുപ്പമാണ് അത് വരുമ്പോ നമുക്ക് വിഷമുണ്ടാവും പക്ഷേ ഒരു ഘട്ടത്തിൽ അതിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം അതിനെ ലെറ്റ് എസ് സീ വെതർ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ എങ്ങനെ സ്വീകരിക്കാം അപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഓർമ്മ വന്നത് ശ്രീരാമകൃഷ്ണബ്രഹ്മംസരുടെ ഒരു ശിഷ്യൻ സ്വാമി ശിവാനന്ദ താരക്കു മഹാരാജ് എന്ന് പറയവര് അദ്ദേഹത്തിന് അവസാന കാലത്ത് പലവിധ വിഷമങ്ങൾ ശരീരത്തില് അപ്പൊ അദ്ദേഹം പറയാണ് കാളിക്ക് ആടിനെ വെട്ടും കൽക്കട്ടയിലൊക്കെ അതുപോലെ ഞാൻ ആ ഭഗവാന്റെ ഒരു ആടാണ് ആ ഭഗവാന് വേണമെങ്കിൽ എന്റെ കഴുത്തിൽ ഒറ്റ വെട്ട് വെട്ടിയിട്ട് എന്നെ ഇല്ലാതാക്കും കൊല്ലാം അങ്ങനെ ആവുമ്പോൾ എളുപ്പമാവും വേദന അറിയാതെ വിഷമിക്കാം പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ആടായത് കൊണ്ട് അത് എന്നെ കഴുത്തിൽ വെട്ടണോ അല്ല വാല് ഭാഗത്തു നിന്ന് കുറച്ച് കുറച്ചായിട്ട് മുറിച്ചുകൊണ്ട് വരണോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഐ ഹാവ് നോ റൈറ്റ് അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടം എന്നെ പതുക്കെ പതുക്കെ മുറിച്ചു മുറിച്ചു കൊല്ലാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അതനുഭവിക്കുക തന്നെ ഈ ഒരു ഭാവത്തിൽ തൻ്റെ ആണ് ഈ ശരീരം എന്നുള്ള ഭാവം പോയി ഈ ശരീരത്തിന് ഭഗവാൻ അർപ്പിച്ചു അതിലെ വേദനയും വിഷമങ്ങളും ഒക്കെ ഭഗവാൻ തന്റെ ഭഗവാന്റെ ഇഷ്ടമാണ് വേറെ ഒരു വാദം എന്താന്ന് വെച്ചാൽ പ്രാരബ്ധകർമ്മം അനുഭവിച്ചു പോവാണ് അനുഭവിച്ചു തീരട്ടെ അനുഭവിക്കാം അനുഭവിച്ചു തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചില മലയുടെ മുകളിൽ കയറാനായിട്ട് വിഷമിച്ചു കയറണുണ്ടല്ലോ അല്ലെ അവിടെ കയറി കഴിയുമ്പോൾ ഒരു സുഖം അതിനു ഇത്രയും വിഷമിക്കണത് അതുപോലെ ഈ വിഷമത്തിന്റെ അന്ത്യത്തിൽ ഭഗവാനെ നമ്മൾ കാണാൻ പോണു ഭഗവത് സുഖത്തിനെ അനുഭവിക്കാൻ പോണു എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് വിഷമമൊക്കെ ഇങ്ങോട്ട് അനുഭവിക്കാം അപ്പൊ നദ്വേഷ്ടി എന്നാണ് ഓരോ അനുഭവത്തിനെയും അവൻ ദ്വേഷിക്കുന്നില്ലയോ അതുകൊണ്ടാണ് ചിലപ്പോ ജീവിതത്തിൽ പല ദുഃഖങ്ങളിലൂടെയും കടന്നു ആളുകൾക്ക് അസാമാന്യ ധൈര്യമായിരിക്കും കാരണം വെള്ളം തലയ്ക്ക് മേലെ പോയാൽ പത്തടി പോയാൽ എന്താ നൂറടി പോയാൽ എന്താ മേലെ പോയി കഴിഞ്ഞു ഇനി എവിടെ വേണമെങ്കിൽ പോട്ടെന്താണോ അതുപോലെ കുറെയൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ അതിനോടുള്ള പേടി പോയിയേ വേറെ ഒരു കാര്യവുമുണ്ട് അതിന് കുറെ ദുഃഖം ശാരീരികമായും മാനസികമായും ദ്രവ്യപരമായും ഒക്കെ അനുഭവിച്ചു കഴിയുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഈ ജീവന്റെ ജ്ഞാനം ഒരു തെളിച്ചം തരും ഞാൻ ഈ ദുഃഖത്തിനെയൊക്കെ വെറുതെ പേടിച്ചതാണ് ഇതൊന്നും എന്നെ തൊടുണേ ഇല്ല എന്ന് ജ്ഞാനപരമായി ഇയാൾക്കൊരു ഇൻസൈറ്റ് ഉള്ളിലുണ്ടാവും ഞാൻ വെറുതെ ഭയപ്പെട്ടതാണ് ഇതൊക്കെ സിനിമ കണ്ടോ സ്വപ്നം കണ്ടോ ഭയപ്പെടുന്ന പോലെയാണ് വാസ്തവത്തിൽ ഈ ശരീരത്തിന്റെ വേദനയോ ദ്രവ്യങ്ങളുടെ നഷ്ടമോ ഒന്നും തന്നെ ഉള്ളിന്റെ ഉള്ളിലുള്ള സത്തയെ തൊടുന്നില്ല ജ്ഞാനത്തെളിവുള്ള ആളുകൾക്ക് മറ്റുള്ളവരിലും അത് കണ്ടാ കാണും ചിലരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേദനയൊന്നും അവരെ ബാധിക്കുന്നില്ല കുറെയൊക്കെ വിഷമിക്കും ആ വിഷമമൊക്കെ കുറച്ചു കാലം അത് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ശരിയാവും ചില ആളുകൾ തന്നെ പറയും ചിലർക്ക് ചില വേദന ഇടുപ്പ് വേദന ഒക്കെ ആയി കുറെ കഴിയുമ്പോ അവരൊക്കെ മാരിന്ന് എന്ന് വിചാരിച്ച് ഞാൻ ചിലപ്പോൾ ചോദിക്കും ഇപ്പൊക്ക് പോയി തോന്നുന്നു ഏ അതൊക്കെ പഴകി പോയിന്നോ അതെ പാർസൽ ആയിരിക്കണു എന്നാണ് അത് തന്നെ ഒരു തസ്യ പരമം തപഃ യെന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് അതയാളുടെ പരമമായ ഒരു തപസ്സാണ് പരമമായ ലോകങ്ങളെ അയാൾ നേടും എന്നൊക്കെ ഉപനിഷത്ത് പറയണു അതായത് വ്യാധിഗ്രസ്തനായിട്ടുള്ളവൻ എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കുന്നു ആ വിഷമങ്ങളൊക്കെ തന്നെ ബോധപൂർവം തന്നിൽ സ്വീകരിച്ച് തന്റെ പ്രാരബ്ധക്ഷയമാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള അറിവുകൊണ്ടോ മറ്റോ ഒക്കെ അതിനെ ജീർണിപ്പിക്കുമ്പോ തസ്യ പരമം തപഹ എന്നാണ് അശ്വതി പറയണത് എത്രയൊക്കെ ഉണ്ടോ നോക്കൂ ജീവിതശാസ്ത്രമാണത് അപ്പൊ അങ്ങനെയൊക്കെ അനുഭവിച്ച് അങ്ങോട്ട് ജീർണിപ്പിച്ച് ഡൈജസ്റ്റ് ചെയ്ത് അതിനെ ഇല്ലാതാക്കാൻ ഒരാൾ തയ്യാറായാൽ അയാൾക്ക് പിന്നെ ഒന്നിനെയും ഭയമില്ല അയാൾ സന്യാസിയാണ് നദ്വേഷ്ടി ആർക്ക് ദ്വേഷമല്ലയോ അയാൾക്ക് ആ ഒരു വസ്തു ആഗ്രഹമുണ്ടെങ്കിൽ ദ്വേഷം ഉണ്ടാവും ആഗ്രഹം സാധിച്ചിട്ടില്ലെങ്കിൽ വിഷമം ഉണ്ടാവും നമുക്ക് ആ കിട്ടേണ്ട വസ്തു വേറെ ആർക്കെങ്കിലും പോയാൽ അയാളോട് ദ്വേഷം ഉണ്ടാവും അതൊന്നുമില്ലെങ്കിലോ നദ്വേഷ്ടി നക്ഷതി നിർദ്വന്ദ്വാം അയാൾ ദ്വന്ദ്വസുഖങ്ങളിൽ ആസക്തനല്ല ച്ചാൽ മനസ്സെപ്പോഴും ദ്വന്ദ്വത്തിലാണ് രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ സുഖം വരുമ്പോൾ ദുഃഖത്തിനെ കുറിച്ചും ദുഃഖം വരുമ്പോൾ സുഖത്തിനെ കുറിച്ചും തണുപ്പ് ചൂട് ഞാൻ നീ എന്നുള്ള ഭേദം ഇങ്ങനെ ഈ ദ്വന്ദ്വങ്ങളിൽ പെട്ടുകൊണ്ടേയിരിക്കും ഇതൊക്കെ ഈ അഹങ്കാരം കൊണ്ടാണ് ഉണ്ടാവുന്നത് അഹങ്കാരത്തിനെ വിചാരജ്ഞാനം കൊണ്ട് ഇല്ലാതാക്കിയാൽ അഹങ്കാരം ഉദിക്കാത്ത സത്യത്തിനെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ ദ്വന്ദ്ം പോകും ദ്വന്ദ്വാണി സർവാണി അഖിലാസ് ത്രിപുട്ട്യഞ്ചിത് സമാശ്രിത് വിഭാഗിമസ്തു തൻ മാർഗണേ സാദ്ഗണിതം സമസ്തം കഥാപി സത്തിനെ ഉള്ളിൽ കണ്ടവന് പിന്നെ ചലനം ഉണ്ടാവില്ല അപ്പോ നിർദ്വന്ദ്വ അയാൾ നിർദ്വന്ദ്വനായിട്ട് തീർന്നു നിത്യോഗസ്ഥ എന്നൊക്കെ മറ്റുള്ള സ്ഥലത്ത് ഭഗവാൻ പറഞ്ഞ അയാൾ നിത്യോഗസ്ഥിതനാണ് അയാളുടെ ദ്വന്ദ്ങ്ങളിൽ അയാൾ പോകുന്നേയില്ല ദുഃഖം വരുമ്പോൾ ദുഃഖം മാത്രമേ ഉള്ളൂ അയാൾക്ക് അയാൾ സുഖത്തിനെ ചിന്തിച്ച് ദുഃഖത്തിനെ വിഷമിക്കില്ല ഒക്കെ കമ്പാരിറ്റീവാണ് കുടിലിൽ കിടക്കുന്ന ആൾക്ക് ഒരു മേഞ്ഞ ഒരു വീട് കിട്ടിയാൽ സുഖം നല്ല എ റൂമിൽ കിടക്കുന്ന ആൾക്ക് സാധാരണ വൃത്തിയായിട്ട് ഒരു റൂം കിട്ടിയാൽ ദുഃഖം അല്ലേ നേരെ കുടിലിൽ കിട്ടിയാൽ കുടിലിൽ കിടക്കാം ഒരു വൃത്തിയായ ഒരു മുറി കിട്ടിയാൽ അതിൽ കിടക്കാം വളരെയധികം ഫർണിഷ്ഡ് ആയിട്ട് റൂമാണോ കുട്ടിയെന്ന് വെച്ചാൽ അതിൽ കിടക്കാം അയാൾ കിടക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് ചിന്തിക്കണില്ല അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല ഒന്നിനെയും ദ്വേഷിക്കുന്നില്ല ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല അയാൾ ആ സ്ഥിതിയിൽ ഒരാൾക്ക് ഇരിക്കാമെങ്കിൽ അയാൾ അയാളുടെ ധർമ്മത്തിനെ മാത്രം ചെയ്യുന്നുവെങ്കിൽ സുഖം ബന്ധാത് പ്രമുച്ഛതേ സുഖമായി അയാൾ ബന്ധത്തിൽ നിന്ന് വിമുക്തനാവും ക്ഷത്രിയന്മാർക്ക് അത് എളുപ്പമാണെന്നാണ് പറയുന്നത് ഭഗവാൻ അതുകൊണ്ടാണ് ഇത് രാജവിദ്യയാണെന്നൊക്കെ പറയണത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവര് കൊട്ടാരത്തിൽ സ്വർണക്കെട്ടിലിൽ കിടക്കയിൽ കിടന്നുറങ്ങുന്ന ആളുകളാണ് യുദ്ധഭൂമിയിൽ വന്ന് വെട്ടിയും മുറിഞ്ഞും ആ മണ്ണിലുമൊക്കെ കിടന്നുറങ്ങുന്നത് കിടന്ന് ചത്തുപോണതും ഒരു തരത്തിൽ ശരീരത്തിനെ വളരെയധികം സുഖിപ്പിക്കുന്നവരാണ് ആ മറ്റൊരു തരത്തിൽ ആ ശരീരത്തിന് കൊല്ലാൻ കൊടുക്കാൻ തയ്യാറായിട്ട് വന്ന് നിക്കണത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ടിനെയും കടന്നു പോവാം നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാ പ്രമുച്ചത് ഇത് രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞതാണ് ലോകത്തിൽ ജീവിക്കുക ലോകകാര്യങ്ങളൊക്കെ ചെയ്തു കൊള്ളുക രാഗദ്വേഷമില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വധർമാനുഷ്ഠാനം ചെയ്തു കൊണ്ടിരിക്കുക വിഷയസുഖങ്ങളൊന്നും ആസക്തിക്ക് വേണ്ടി അനുഭവിക്കാതിരിക്കുക രാഗദ്വേഷവും രാഗദ്വേഷങ്ങളെ മാറ്റി നിർത്തി വിഷയങ്ങളിൽ സഞ്ചരിച്ചാൽ മനഃപ്രസാദമുണ്ടാകും എന്ന് ഭഗവാൻ സ്ഥിരപ്രജ്ഞലക്ഷണം പറഞ്ഞു അപ്പോ രാഗദ്വേഷമില്ലാതല്ലോ ലോകത്തിലെ ജീവിക്കും ഒന്നിനോടും പറ്റില്ല കാരണം ഉള്ളുകൊണ്ട് അറിയണു ഈ വസ്തുക്കളൊക്കെ വിട്ടുപോകും അതുകൊണ്ട് ഊട്ടിയിട്ട് കാര്യമില്ല വിവേകം സദാ പ്രവർത്തിക്കണം ആദ്യമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നല്ല സുഖമായിട്ടുണ്ട് ഇത് എപ്പോഴും കിട്ടില്ല മാത്രമല്ല ഈ സുഖം പിന്നെ ദുഃഖമായിട്ട് തീരും പലവിധ വ്യാധികളും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കും അതുകൊണ്ട് ഇതൊന്നും അധികമായി ഇതിലൊന്നും രമിക്കാൻ പാടില്ല ഇതൊക്കെ തന്നെ വയറ് നിറയ്ക്കാൻ ഭക്ഷിക്കാൻ മാത്രമാണ് വയറ് നിറയ്ക്കാനുള്ളത് മാത്രം മതി ബാക്കിയൊക്കെ ദുഃഖകരമാണെന്ന് നിശിതമായി വെട്ടി നീക്കണം ശരീരനിർവഹണത്തിന് വേണ്ടിയാണ് ലോകവ്യവഹാരം എന്ന് നിശ്ചയിക്കണം അങ്ങനെ രാഗദ്വേഷങ്ങളില്ലാതെ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരുന്നാൽ മനസ്സ് പ്രക്രമേണ പ്രസന്നമാവും അങ്ങനെയുള്ള ആളെയാണ് ഭഗവാൻ കർമ്മയോഗി എന്ന് പറയുന്നത് അയാള് എല്ലാത്തിനെയും ഇട്ടിട്ടു പോയി വല്ലാതെ വിഷമിക്കുന്ന സാഖ്യയോഗിയെക്കാളും എളുപ്പത്തിൽ സുഖമായിട്ട് ബന്ധത്തിൽ നിന്നും വിട്ടു ഇന്നലെ പറഞ്ഞ പോലെ കൊട്ടത്തേങ്ങ വിട്ടുപോകുന്ന പോലെ വിട്ടുപോകും ബുദ്ധിമുട്ടില്ലാതെ വിട്ടുപോകും അങ്ങനെയുള്ള മാർഗം എല്ലാവർക്കും സുലഭമാണെന്നും അതുകൊണ്ട് അതാണ് നല്ലതെന്നും പറയാം അപ്പോ അർജുനനൊരു സംശയം ഈ ഒക്കെ വിട്ടുപോകുന്ന സന്യാസമാർഗവും ഈ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ആസക്തിയില്ലാതിരിക്കുന്ന മാർഗത്തിലും എന്താ വ്യത്യാസം രണ്ടിലും ആസക്തിയെ ജയിക്കലാണ് മുഖ്യം സന്യാസമാർഗത്തിലും അതെ ഈ കർമ്മയോഗ മാർഗത്തിലും അതെ സന്യാസമാർഗ്ഗത്തിലെല്ലാം വിട്ടിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടിരുന്നിട്ട് അഭിമാനമൊന്നും പോയിട്ടില്ലെങ്കിൽ ചിലരൊക്കെ എല്ലാ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടും തൻ്റെ നാട്ടിൽ തനിക്കുണ്ടായിരുന്ന വീടിനെ പറ്റിയും തന്റെ മക്കളുടെ ജോലിയെ പറ്റിയും തനിക്ക് എത്ര തോട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയും ഒക്കെ സന്യാസിയായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ പോയിട്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാളെ എന്ത് സന്യാസം അപ്പോ സന്യാസമാണോ കർമ്മയോഗമാണോ രണ്ടിലും ആസക്തി സന്യാസമെന്നു വെച്ചാലും നിങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് ഏകാന്തത്തിൽ പോയി ജ്ഞാന വിചാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് നല്ലതാണ് ശാന്തിയെ തരും കർമ്മയോഗമാണെങ്കിൽ അതും നല്ലത് പക്ഷേ ഇത് രണ്ടും വേറെയാണെന്ന് ആര് പറയണവോ അവര് രണ്ടിനെയും അറിയാത്തവരാണ് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകം നോക്കാം സാഖ്യയോഗവും പൃഥക് പണ്ഡിതപ്യസ്ഥിത് സമ്യ ഉഭയോർവിന്ദ ഫലം